വിശ്വാസികളെ നിങ്ങളുടെ ഭാര്യമാരിലും സന്താനങ്ങളിലും നിങ്ങൾക്ക് ശത്രുക്കൾ ഉണ്ടാകാം അതിനാൽ അവരെ സൂക്ഷിക്കുക എന്നാൽ നിങ്ങൾ മാപ്പ് നൽകുകയും വിട്ടുവീഴ്ച ചെയ്യുകയും ക്ഷമിക്കുകയും ചെയ്താൽ തീർച്ചയായും അള്ളാഹു സുഹാനഹുവ ധ ദേ ഏറെ പൊറുക്കുന്നവരും കരുണാനിധിയുമാണ്